വായിച്ചോളുക ബോധമായി കാണുന്നതെല്ലാം പ്രപഞ്ചം ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യുക്തിയെ ഒന്ന് ചോദ്യം ചെയ്യട്ടെ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ രഹസ്യം ഇതാ കയ്യിൽ നെല്ലിക്ക പോലെ തെളിഞ്ഞിരിക്കുന്നു കാണുന്നതൊക്കെ ബോധം ഇത് പൂർണ്ണമായും സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ജീവിത ലക്ഷ്യം കർമ്മം ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആകാം കാണുന്നതും ഞങ്ങൾ പറയാനുണ്ട് വാശിഷ്ടത്തിൽ ദേവപൂജോപാഗ്യമുണ്ട് അതിൽ അടുക്കളയിൽ കയറി ഗഫിയാൽ പലതരം ഗഫികളുണ്ടല്ലോ പക്ഷേ എല്ലാം ബ്രഹ്മം അക്കാര്യത്തിൽ സംശയമല്ല എന്ത് കാപ്പിയായാലും ശരി ബ്രഹ്മമല്ലാതെ എന്ത് കാപ്പിയാവാനും മറ്റൊരു വസ്തു ഇല്ല ഓർമ്മിക്കുക അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് പോലും ഈ അനുഭവം ദൃഢപ്പെടുത്തിയെടുത്താലും ഉള്ളിലെന്തൊരു സുഖമാണെന്നോ ഞാൻ വാസ്തവത്തിൽ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ജയത്തിനെ കണ്ട് ഇന്ന് കാണുന്ന കോലാഹലങ്ങൾ ഒക്കെ ഇല്ലേ പണ്ടേ ഉള്ളതാണ് ഈ കോലാഹലങ്ങളൊക്കെ എന്നും ഉണ്ടായിരിക്കും ഇതിനെ ഒന്നും അങ്ങനെ മാറ്റിയെടുക്കാനും മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഉണ്ടായിരിക്കും അതൊന്നും ആർക്കും സാധ്യമല്ല തീർത്തു പറയുന്നു ആർക്കും സാധ്യമല്ല കുറച്ചൊക്കെ നന്നാവുന്നതായി നമ്മൾ മെടുക്കനായ കൊച്ചനുണ്ടല്ലോ വിവേകാനന്ദ സ്വാമി അദ്ദേഹം ആദ്യം വിചാരിച്ചു സ്വൽപ്പം നന്നാക്കി കളയാണെന്നും അദ്ദേഹം ഓടി പറഞ്ഞതാ അയ്യോ വേണ്ട വേണ്ട എനിക്ക് ഈ ജഗത്തിനെ നന്നാക്കുന്ന ഏർപ്പാടെ വയ്യ പട്ടിയുടെ വാല് പിടിച്ചാൽ നിവർന്നിരിക്കുന്നത് തോന്നും പക്ഷേ കൈ ഒന്നയച്ചാൽ തീർന്നു അപ്പം തീർന്നു ആ ജഗത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനർത്ഥം ജഗത്തിനെ നന്നാക്കാനുള്ള ശ്രമം വേണ്ടെന്നോ സാമൂഹ്യ പ്രവർത്തനം വേണ്ടെന്നോ ഒന്നുമല്ല അങ്ങനെ ധരിക്കരുത് സത്യം ഉള്ളിൽ ഓർമ്മിച്ച് കൊണ്ട് എല്ലാം ചെയ്യുക എല്ലാം ഈ ജഗത്തിനെ അങ്ങനെ നന്നാക്കാനൊക്കെ ഇല്ല മറ്റൊന്ന് നിങ്ങളാരായി ഈ ജഗത്തിനെ നന്നാക്കാൻ നിങ്ങളാണോ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയയാളവിടെ നിന്നുണ്ടെന്ന് നോക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് വിട്ടേക്കുക അതാണ് നമുക്ക് ചില നിരാശകളൊക്കെ വരുമ്പോൾ അത് ഭഗവാന് വിട്ടേക്കുക നാരദൻ ഭാഗവത്തിൽ ആവർത്തിച്ച് പറയും മാ കഞ്ചന ശുചോരാജൻ യതീശ്വരവശം ജഗത് ഒരാളുടെ കഠിനമായ സുഖം ഇന്നലെയൊക്കെ തന്നെ പലരുടെയും നിരാശാജനകമായ വേദന പലതിനോട് ഒന്ന് പറഞ്ഞേ എന്താ മാർഗം ചെയ്യാവുന്ന ചെയ്യുക കഴിയുന്നത്ര ഒന്നാം തരം ഡോക്ടറെ യാതൊരു ഉദാസീനതയും വേണ്ട പിന്നെ ഭേദമാവുന്നില്ല അവിടെയാണ് ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ആ റൗണ്ടല്ലോ ഓ ഇനി അദ്ദേഹത്തിന് വിട്ടു അദ്ദേഹം നോക്കട്ടെ നമ്മളല്ലല്ലോ ഇതുണ്ടാക്കിയത് ഉണ്ടാക്കിയാൽ നോക്കട്ടെ ആ ഒരു ധൈര്യം അതാണ് ബ്രഹ്മം വിട്ടേക്കുക അങ്ങനെ തീരുമാനിച്ചാൽ ജീവിതം ഒരു ബ്രഹ്മയജ്ഞം ഗീത പറയുന്നുണ്ട് ബ്രഹ്മയജ്ഞത്തെക്കുറിച്ചൊക്കെ അതൊക്കെ നമ്മൾ ക്രമേണ ചർച്ച ചെയ്യും ഇങ്ങനെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ തന്നെ കാലത്തെണേറ്റ് പല്ലുതേക്കുക തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സർവം ബ്രഹ്മമാകാം എന്ന ആ വാക്യം മനസ്സിൽ മുഴങ്ങിക്കൂട്ടെ പുറത്തൊന്നും പറയട്ട സാറത് അല്ല ഈ പലതേക്കുന്ന ബ്രഷും അല്ല ആ പേസ്റ്റും ബ്രഹ്മണോ സാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പേസ്റ്റാകാൻ വേറൊരു വസ്തു ഇല്ല ഇവിടെ അതിനെ പേടിക്കുന്ന എന്താ നമ്മളും ബ്രഹ്മം അപ്പോൾ പിന്നെ അതിലപകർഷത ഒന്നുമില്ല യാതൊരു അപകർഷതയും ഇല്ല ഇങ്ങനെ നിരവധി ചക്രവർത്തിമാർ ഇന്ത്യയിൽ ഗംഭീരമായ രാജ്യഭരണം നടത്തുമ്പോൾ തന്നെ ഈ ബ്രഹ്മബോധം പരിശീലിച്ച് സമനില ഉറപ്പ് വന്നവരായി ഭവിച്ചു എത്രയോ പേർ പരീക്ഷത്തിന് ഒരാഴ്ച വേണ്ടിവന്നു നേരെ മറച്ചതൊന്നുമില്ല സൂര്യഗന്ധത്തിലെ പല രാജാക്കന്മാർ ഖഡ്വാങ്കൻ അതിഗംഭീരനായിരുന്നു പരീക്ഷിത് നമ്മുടെ കത് ഭാഗവതത്തിലെ അംബരീഷൻ ഇതുപോലെ തന്നെ ഗംഭീരനായ ഒരു ചക്രവർത്തിയായിരുന്നു രാജ്യം ഭരിക്കവേ തന്നെ സർവം ബ്രഹ്മം എന്നുറപ്പിച്ചു ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നല്ല ഉറപ്പ് വന്നു പൂർണ്ണ എന്തു വന്നാലും പൂർണ്ണസമ എന്നല്ല ചെയ്ത് ഇത് അതല്ലാതെ കുറേ പുറമെ എന്തെങ്കിലും കുറെ ആചാരങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടും മാത്രം പറ്റില്ല അതൊക്കെ നടക്കട്ടെ കോവിലിൽ പോവുക നാമം ജപിക്കുക ലളിതാസഹ്നാമം ചൊല്ലുക അല്ലെങ്കിൽ മറ്റേ ഒക്കെ നടക്കട്ടെ അതൊക്കെ അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കും ഒക്കെ തന്നെ അതൊക്കെ ഇതിനെ സഹായിക്കും പക്ഷേ അപ്പോഴൊക്കെ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ച് ശാസ്ത്രീയമായി ഇത് ഉറപ്പിക്കുകയും കൂടെ ചെയ്യുക പ്രത്യേകം പ്രത്യേകം ഇതൊന്നുമില്ല ഒന്നുമില്ല അമ്പരീഷൻ അമ്പരീഷൻ രാജ്യഭാരമേറ്റു സൂര്യവംശത്തിലെ ചക്രവർത്തിയാണ് അദ്ദേഹം ഏറ്റപ്പോൾ തന്നെ സുതേഷു ധാരേഷു ഗൃഹേഷു ബന്ധുഷു ദിവോത്തമ ച്യന്തനവാജിപത്തിഷു അക്ഷയരത്നാഭരണായുധാദിഷു അനന്തകോശേഷു അകരോത് അസന്മതിം സുതേഷു മക്കളിൽ അയ്യോ മക്കളെപ്പോലും അപ്പോൾ അംബരീഷൻ ഇല്ലാത്തവരാണെന്ന് കരുതിയോ സാർ അങ്ങനെയല്ല ഒരു വശത്തില്ലാത്തതെന്ന് കരുതിയാൽ മറുവശത്തെ ബ്രഹ്മം ഒക്കെ നല്ലവണ്ണം ഓർമ്മിക്കണം മേശയില്ല എന്ന് കരുതിയാൽ മേശ പിന്നെന്താ ബ്രഹ്മം ഇതിനേക്കാൾ മേശയ്ക്കൊരു പദവി നൽകാനുണ്ടോ പലരുന്നതിനോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് മക്കളുണ്ട് അവരെ പള്ളിക്കൂടത്തിൽ അയക്കണ്ടത് സാറ് പറയുന്നു ഇതൊക്കെ ഇല്ലാത്തതാണെന്ന് അതെങ്ങനെ സാർ പിന്നെ ഞാൻ ഞങ്ങളെങ്ങനെ പള്ളിക്കു അപ്പോൾ ബ്രഹ്മം എന്ന് വിചാരിച്ചാൽ അവരെ പള്ളിക്കൂടത്തിൽ അയക്കാനൊക്കെ ഇല്ലേ ഗംഭീരമായിരിക്കും അപ്പോൾ അവരൊക്കെ ബ്രഹ്മപൂജ കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കുന്നത് ബ്രഹ്മയജ്ഞം അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുന്നത് ബ്രഹ്മയജ്ഞം ഗീത പറയുന്നു ഭഗവാൻ ആ ശ്ലോകം പലർക്കും ഓർമ്മയുണ്ടാകും ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാജ്ഞനവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവചയന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ആ ശ്ലോകത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ക്രമേണ വരുമ്പോൾ കൂടുതൽ വിവരിക്കും അംബരീഷൻ എന്നാലും സുതേശു മക്കളിൽ ധാരയേഷു ഭാര്യമാരിൽ ബഹുഭാര്യന്മാരാണ് ചക്രവർത്തിക്കാർ അപ്പം സാർ ഭാര്യമാരും ഇല്ലാത്തവരാണെന്ന് അമ്പരീഷൻ കരുതിയോ കരുതി കരുതി പേടിക്കണ്ട എന്ന് വെച്ചാൽ അമ്പരീഷൻ എന്താ അടുത്ത് ചെയ്യുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ദ്വാദശീ വ്രതം നോക്കണം എന്ന് തോന്നിയത് ആ അമ്പരീഷൻ കൂടു കൂടി ഞാൻ നോക്കും ഭംഗിയായിട്ട് ജ്യോതശീവ്രതം നോക്കാം ഇല്ലെന്ന് അതാണ് അതിൻ്റെ വ്യത്യാസം അതാണ് ഇല്ലെന്ന് കരുതുന്ന വച്ചാൽ പിറ്റേ ദിവസം അവരെ ചവിട്ടി പുറത്താക്കുക അതല്ലേ ഏർപ്പാട് അപ്പോഴേക്കും അവർ ബ്രഹ്മഭാവം കയ്ക്കുണ്ടു മുൻപുണ്ടായിരുന്നതിനേക്കാൾ അവരോടതിരറ്റ സ്നേഹവും ച ബ്രഹ്മവുമാണ് ഞാനും അതുതന്നെ ഇത് ഗംഭീരമായ ഒരു ജീവിത ക്രമമാണോ നേരം പോക്കായിട്ട് തള്ളിക്കളയരുത് അതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ഭുതം ഈ ജഗത്തിനെ കണ്ടിട്ട് ഇത്ര ലളിതമായ സത്യം ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അനുഭവിക്കാനും കഴിയാത്ത ഈ ജഗത്തിനെ കണ്ടാൽ ആശ്ചര്യവും അനുകമ്പയുമല്ലാതെ മറ്റൊന്നും തോന്നാനില്ല സൂര്യചന്ദ്രന്മാർ പോലും ഇതനുഷ്ഠിക്കുന്നില്ലെങ്കിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ കഷ്ടം പക്ഷേ കൃഷ്ണൻ പറയുന്നത് ഞാൻ ആദ്യം സൂര്യനീ യോഗം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അടുത്ത് അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഉപദേശിച്ചത് സൂര്യനാണ് അങ്ങനെ ഈ ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഈ ദയനീയമായ സ്ഥിതി എവിടെ നോക്കിയാലും പരിഷ്കാരങ്ങൾ ഒരുപാടുണ്ട് ലോകം നന്നാക്കാൻ ഒരുപാടുണ്ട് വാസ്തുത്തി അത്ഭുതം തോന്നി എവിടെ നോക്കിയാലും ദുഃഖം ദുഃഖം ദുഃഖം ലോകം ശോകഹത്തം ച സമസ്തം എന്നാചാര്യസ്വാമികൾ പറഞ്ഞത് ഇപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിച്ചൊന്നും നോക്കേണ്ട ദിവസേന പത്രം എടുത്തൊന്നും നോക്കുക എന്താ ദുഃഖമല്ലാതെ ഏതെങ്കിലും പത്രത്തിൽ അല്ല സാർ ദുഃഖമല്ല ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അതിൽ വരുന്നുണ്ട് അത് ദുഃഖമാണോ സാർ അല്ലെങ്കിൽ വേണ്ട അതിരിക്കട്ടെ ഒരു വശത്ത് ചെറിയ ചെറിയ നല്ല വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട് വിരോധമില്ല പക്ഷെ പേപ്പർ നോക്കിയാൽ ഫ്രണ്ട് പേജിൽ തന്നെ ഞാനെന്നും ശ്രദ്ധിക്കാറുണ്ട് ദുരന്തങ്ങളുടെ കഥ പല തരത്തിലുള്ള അതിനിപ്പം എന്തു ചെയ്യാൻ സാർ പരമാവധി അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ചെയ്തോളുക അതോടൊപ്പം അതിലൊരാശ്വാസം വേണമെങ്കിൽ ഈ തത്വം ഇവിടെ ആരും മരിക്കുന്നില്ല കൃഷ്ണൻ രണ്ടാമധ്യായത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അവിടെ ആരും ജനിക്കുന്നില്ല അർജുന ആരും മരിക്കുന്നില്ല നീ വിചാരിച്ചാൽ പോലും ആരെയും കൊല്ലാൻ സാധ്യമല്ല കാരണം ജഡം അതിനെ കൊല്ലേണ്ട കാര്യമില്ല ബോധം അതിനെ ആർക്കും മുറിപ്പെടുത്താൻ പോലും സാധ്യമല്ല അമ്പരീഷിന് ഇതെല്ലാം നല്ലവണ്ണം മനസ്സിലായി സുതേഷു ധാരേഷു ഗൃഹേഷു ബന്ധുഷു വീടുകളിൽ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് അദ്ദേഹം അതൊക്കെ നോക്കി ഉള്ളിൽ ചിരിക്കും സർവം ബ്രഹ്മം താമസിക്കാം നമുക്കവിടെ എന്താ കുഴപ്പം ഗംഭീരമായിട്ട് താമസിക്കാം ഗൃഹേഷു ധാരേഷു ഗൃഹേഷു ബന്ധുഷു എന്തിന് ദ്വിപോത്തമസ്യന്തനവാജി പത്തി ആനസൈന്യം രഥസൈന്യം അല്ലാതെ നിസ്സാര കാര്യങ്ങളിലൊന്നുമല്ല വാജി പത്തിഷു കാലാത്സൈന്യം അതുമൊക്കെ പോയിട്ട് അക്ഷയ രത്നാഭരണ ആയുധാധിഷു ഒരിക്കലും നശിക്കാത്ത രത്നങ്ങൾ തീരാത്ത രത്നങ്ങൾ ആഭരണങ്ങൾ ആയുധങ്ങൾ ഇവയിലൊക്കെ അകരോത് അസമ്മതില്ല ഇവ പിന്നെ ഉള്ളത് ബ്രഹ്മം മാത്രം ഏതായുധമായാലും എത്ര ഗംഭീരമായാലും അതിലുള്ളത് ബ്രഹ്മം മാത്രം ഇതമ്പരീക്ഷണം കൊണ്ട് തീരുമാനിച്ചു രാജ്യഭാരം ആരംഭിച്ചു തൻ്റെ ഭാര്യ എനിക്ക് ദ്വാദശീവ്രതം നടത്തണം പറഞ്ഞു ആ അതിനെന്താ കൂടാം ഞാനും കൂടാം നമുക്ക് ദ്വാദശീവ്രതം അവയിപ്പോൾ ചെല്ലു ചോദിക്കാറുണ്ട് അംബരീഷൻ എല്ലാം ഇല്ലെന്ന് തീരുമാനിച്ചെങ്കിൽ അദ്ദേഹം പിന്നെ എന്തിനു ദ്വാദശീവിതത്തിൽ കൂടാൻ പോയി അതാണ് പശ് ഒന്നില്ലെന്ന് തീരുമാനിച്ചാൽ സർവം ബ്രഹ്മമയം തൻ്റെ ഭാര്യയെക്കൂടെ വേണ്ട പോലെ നന്ദർ വഴിക്ക് നയിച്ച് ഈ ബ്രഹ്മബോധം ഉറപ്പിക്കാൻ അവരോട് കൂടെ ചേർന്ന് ഭംഗിയായി ആ കർമ്മം നിർവഹിച്ച് അവരെ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നു അതാണൊരു ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ യഥാർത്ഥ കർത്തവ്യം ഇതാരും പറയുന്നു നമ്മുടെ കൃഷ്ണൻ ആ ശ്ലോകം ഓർമ്മിക്കുന്ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഖിനാം അജ്ഞരായ കർമ്മസംഖികൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് ഏ ഇതൊന്നും ഇല്ല നിങ്ങളെന്തിനാണ് കോവിലിൽ പോകുന്നത് അവിടെ ദേവനൂല്ലു അവരുടെ കൂടെ പോവാം ഒടുവിൽ ആ കോവിലിരിക്കുന്ന ദേവൻ്റെ രഹസ്യം കൂടെ നമുക്ക് അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന ബുദ്ധിഭേദം ജനിത ഗീത അജ്ഞാനം കർമ്മസംഗീതം ജോഷയെ സർവകർമാണി ഒരു തത്വനിഷ്ഠൻ സകല കർമ്മങ്ങളും ഭംഗിയായി അനുഷ്ഠിച്ച് വിദ്വാൻ യുക്തസമാചരൻ വേണ്ട പോലെ ആചരിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനെ അവരെയും ക്രമേണ ആ പരമസത്യത്തിൽ കൊണ്ടെത്തിക്കുക അല്ലാതെ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടിറങ്ങി എന്ന് ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും പാടില്ല വല്ല ബ്രഹ്മ എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം ബ്രഹ്മനിഷ്ഠനല്ല അദ്ദേഹം ഒരഹങ്കാരി എന്ന് വേണം കരുതാൻ എൻ്റെ വാക്കുകളിൽ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞതിലും വ്യാസൻ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെയുള്ള ആളുകൾ പറഞ്ഞതുമല്ലാതെ മറ്റൊന്നും പറയാനല്ല അപ്പോൾ അതൊക്കെ ദ്വാദശി വ്രതമനുഷ്ഠിച്ചു അപ്പോഴേക്കും അതാ വേറൊരു മഹാഭക്തൻ എന്ന് പറയുന്ന ആൾ ദുർവാസാവ് രാജാവിൻ്റെ അടുക്കലേക്ക് വരുന്നു ദുർവാസാവ് അങ്ങനെ എപ്പോഴും വലിയ വാദ്യഘോഷങ്ങളുമായി ശിവനാമം ഉച്ചരിച്ച ഉച്ചത്തിൽ ഓം നമശിവായ നമശിവായ അദ്ദേഹം ഉച്ചരിക്കും കൂടെ കുറേ പേര് കാണും അവരും ഉച്ചരിക്കും അങ്ങനെ ശിവഭക്തനായിട്ടാണ് ദുർവാസാവ് വരുന്നത് വന്നു രാജാവ് അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ച് ക്ഷണിച്ചു അപ്പോൾ വ്രതം തീരുന്ന ദിവസമാണ് പാല നടത്തണം നടത്തണം ആ ദുർവാസാവിനെ കൂടെ ക്ഷണിച്ചു ആ ശരി ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുമായി കുളിക്കാൻ പോയി പാലണ നടത്താനുള്ള സമയം ആയി കഴിയാറാവുന്നു മുനിയെ കാണുന്നില്ല മുനിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് താനുണ്ണുന്നത് ഭക്ഷിക്കുന്നത് ശരിയാണോ ഒരു ബ്രഹ്മനിഷ്ഠൻ അങ്ങനെയൊക്കെ സംശയം വരാമോ സർ ഇതാണ് ചിലർക്കും അവരെന്ത് ചെയ്താലും ബ്രഹ്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠന് ഇതൊന്നും ഒരുപാട് ആളുകൾ നോക്കിയിരിക്കുകയാണ് അവരപ്പോൾ അവരുടെ മനസ്സാകെ കലുഷമാവും അപ്പോൾ ഈ രാജാവ് എന്തോന്ന വ്രതമനേഷിച്ചിട്ട് സമയത്ത് പാരണ നടത്തുന്നില്ല അല്ലേ അപ്പോൾ ഈ വ്രതത്തോടുള്ള വിശ്വാസം പോവും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസമൊന്നും കാരണം സർവം ബ്രഹ്മമയം അപ്പം മുനിമാർ പറഞ്ഞു സാരമില്ല അങ്ങനെ കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ഒരു തുള്ളി വെള്ളം കുടിച്ച് പാല വെച്ചു അംബരീഷൻ ഒരു വെള്ളം കുടിച്ച് പാരണ വീട്ടി അപ്പോഴേക്ക് കഥ ശിവനാമഘോഷത്തോടുകൂടി ദുർവാസാവ് വരുന്നു വന്നു ആ എന്താ ഭക്ഷണം നിങ്ങളി പാരണയൊക്കെ കഴിച്ചുമല്ലേ എന്നെ ഭക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഇത്രയേ ഉള്ളൂ അവരുടെ ക്ഷമയും ശാന്തിയും ഒക്കെ അതായത് സിദ്ധി വലിയ സിദ്ധിയുള്ള മഹർഷിയാണ് ഈ അംബരീഷ ചരിതം ആധ്യാത്മിക രംഗത്ത് പല ഗംഭീര രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ചരിതമാണ് ദുർവാസാവ് വല്ലാതെ കോപാവിഷ്ഠനായി പെട്ടെന്ന് കോപിക്കുന്ന മഹർഷിയാണ് നമ്മളെ ശൗന്തളെപ്പോലും കാളിദാസൻ്റെ ശൗന്തളയെപ്പോലും അപകടത്തിലാക്കിയ ആ ഒരു മുനിയാണ് അദ്ദേഹം പെട്ടെന്ന് ഗോപാവിഷ്ഠനായി ശപിച്ചു എന്നല്ല തൻ്റെ ജയിൽ നിന്നൊരു മുടിയെടുത്ത് തലയിൽ അടിച്ചിട്ടൊരു കൃത്തിക എന്ന് പറയുന്ന ഒരു അതിശക്തിമയായ ഒരു ആസുര സ്ത്രീയെ ജനിപ്പിച്ചു ആ കൃത്യവാളുവായി അങ്ങനെ തുള്ളി ഭാഗവതം വായിച്ചു നോക്കണം ആ കൃത്തികനെ തുള്ളി മുന്നോട്ട് വന്നപ്പോൾ ഭൂമി ചലിച്ചു എന്നാണ് ഭാഗവതം പറയുന്ന ഭൂമി അത്ര കഴിവുള്ള കൃത്യം അംബരീഷനെ കൊല്ലാനായി അടുത്തു വാളമേശി അവിടെയാണ് അംബരീഷൻ ചിരിച്ചോണ്ടവിടെ നിന്നു എതിർക്കാൻ വയ്യാത്തത് കൊണ്ടല്ല വലിയ വലിയ സൈന്യവും ഒക്കെ കയ്യിലുണ്ട് ഇദ്ദേഹത്തെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും വിഷമമില്ല ഞാൻ എതിർക്കുന്നില്ല ഈശ്വരനിശ്ചയം ഇതാണെങ്കിൽ ഇത് ഒരു വലിയ മുനല്ലേ എനിക്കിനി എന്താ എന്താലോചിക്കാൻ ഈ ശരീരം പോയാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഞാൻ ജനിച്ചിട്ടില്ല എന്നെ ആർക്ക് കൊല്ലാൻ അങ്ങനെ ചിരിച്ച് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ മുമ്പിൽ നിന്ന് വന്ന അപ്പോൾ കൃത്യകാളുവേന്ദ്രി അമ്പരീഷ്ൻ്റെ മുമ്പിലെത്തി അപ്പോഴേക്കും അതാ വിഷ്ണു ചക്രം പ്രത്യക്ഷപ്പെട്ടു അതെങ്ങനെ ഈ അംബരീഷൻ ഇത്ര കണ്ട് സമചിത്തനായി ബ്രഹ്മാനുഭവം നേടി എന്ന് കണ്ടപ്പോൾ വിഷ്ണു തൻ്റെ ചക്രത്തെ വിളിച്ച് ഏർപ്പാട് ചെയ്തിരുന്നതിൻ്റെ ഇട ചിലപ്പോൾ ഈ അംബരീഷന് ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പലരും വന്നേക്കാം എന്ത് വന്നാലും നീ പോയി രക്ഷിച്ചോളും എന്ന് അമ്പരീഷൻ പോലും വേണ്ടത്ര അങ്ങനെയൊക്കെ കിട്ടുമോ സാധാരണ ഞങ്ങളും ഈ ഇതൊക്കെ ഒന്ന് വരുത്തി നോക്കുക സമനില അത്ഭുതകരമായി ചക്രം അനുകൂലമായി പറഞ്ഞാൽ എന്താർത്ഥം കാലചക്രം നിങ്ങൾക്കനുകൂലമായി വരും ഏത് ഗംഭീരൻ വന്നാലും നമ്മുടെ ചരിത്രം തന്നെ നോക്കുക പല ചരിത്രമുണ്ട് ഞാനിപ്പോൾ ഈ ഇപ്പം ഗാന്ധിജിയുടെ ചരിത്രം തന്നെ മനുഷ്യനുമൊന്നുമായിരുന്നില്ല എന്നാൽ പോലും പൂർണ്ണ അർപ്പണ ബുദ്ധി ഗാന്ധിജി ഒരു ചർച്ചിൽ പറയും പറഞ്ഞത് ഈ അർത്ഥസങ്കരായ ഫക്കീറിനെ ഭയപ്പെടുന്നത് പോലെ ലോകത്ത് ഞാൻ മറ്റാരെയും ഭയപ്പെടുന്നില്ല എന്നാൽ എന്താ കാര്യം ചക്രമാണ് ചക്രം ചക്രത്തെ ചർച്ചിൽ കണ്ടു വല ഉപദ്രവിച്ചാൽ കുഴപ്പമാണ് അങ്ങനെ ആരുടെ ചരിത്രവും നമ്മളെ ചരിപ്പിച്ചോണ്ട് മുന്നോട്ട് പോവുക അത്ഭുതകരമായി ആപത്തിൽ നോക്കാം നമ്മൾ അപ്രതീക്ഷിതമായി രക്ഷപ്പെടുന്നത് നമുക്കനുഭവിക്കാൻ കഴിയും പക്ഷെ ഉറപ്പ് വേണം പലരെയും പറ്റിക്കുന്നത് ആ സർവജ്ഞന ഒന്ന് വെറും ഒരഭിനയം അതടക്കില്ല നല്ലോണം അറിയാം എന്തായാലും ദുർവാസാവിൻ്റെ ചക്രം പ്രത്യക്ഷപ്പെട്ടു വാള് മേടിച്ച് കൃത്തികയുടെ കഴുത്തറുത്ത് ദൂരെ കളഞ്ഞു എന്നിട്ട് ദുർവാസാവിൻ്റെ അടുക്കളേക്ക് വന്നു എന്തിനാ ഈ ഭക്തനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ദുർവാസാവ് അവിടെയാണോ ജീവ ഭയം ഭയം വെറുതെ നാമഞ്ചൊല്ലിയതുകൊണ്ട് ജീവനോടുള്ള ഭയമൊന്നും മാറില്ല എന്തും വരട്ടെ സർവം ബ്രഹ്മമായ എന്തു വരാൻ കൂടെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കൂടി വന്നാലും മരിച്ചുപോകാൻ സാധനത്തിൽ ഇതിലിത്ര ഭയപ്പെടാനുണ്ട ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചല്ലേ തീരൂ തീർച്ചയായിട്ടും എന്തായാലും ദുർവാസാവ് ഓട്ടം പിടിച്ചു ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു ബ്രഹ്മാവ് പറഞ്ഞു ആ ഇവിടെ ഒക്കെ ഇല്ല അത് ചെയ്ത് വിഷ്ണു ഞങ്ങളത്തെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണ് വേഗം കടന്നുപോയ്ക്കോ ശിവൻ്റെ അടുക്കിൽ പോയി എന്തൊരു ഓട്ടമാണ് ശിവൻ പറഞ്ഞു അലയോ ദുർവാസാവേ നീ എൻ്റെ ഭക്തനൊക്കെ തന്നെ ശിവനാമം പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല ഞാൻ വിഷ്ണുവിൻ്റെ ഒരു ദാസനാണ് ഒടുവിൽ വിഷ്ണുവിൻ്റെ അടുത്ത് പാലാഴിയിൽ ചെന്നു അവിടെ ചെന്ന് നമസ്കരിച്ചു ആ വിഷ്ണു ആ എന്താ ദേ അല്ല ഇങ്ങനെ ഒരു അബദ്ധം വന്നിരിക്കും ചക്രം ദൂരെ നിൽക്കുകയാണെ ഇവരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ചക്രം ദൂരെ നിൽക്കും അതാരണം എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഓട്ട് ചെയ്യും ഇതാണ് ഏർപ്പാട് അപ്പോൾ വിഷ്ണു ചോദിച്ചു വിടാ മടയാ എന്തിനാണ് ഈ പുല്ലാപ്പിനൊക്കെ പോയത് ആ പാവം ആ അയാൾ എന്നെ തന്നെ ശരണം പ്രാപിച്ച് സർവവും ഞാനായിട്ട് കരുതി ജീവിക്കുന്ന അയാളെ ഈ രീതിയിൽ ഉപദ്രവിക്കാൻ നീ എന്തിനു തുനിഞ്ഞു ദുർവാസാവേ ഞാൻ വിചാരിച്ച കൂടി രക്ഷയില്ല എന്തുകൊണ്ടെന്നറിയാമോ ഭക്തപരാധീന ഈ മൂന്നാല് ശ്ലോകം ഭാഗവതത്തിലുണ്ട് വിഷ്ണു പറയുകയാണ് അഹം ഭക്തപരാധീനോ ഞാൻ ഭക്തന് പരാധീനനാണ് ആത്മാർത്ഥമായി എന്നെ ഭജിക്കുന്ന ഭക്തന് ഞാൻ പരാധീനനാണോ അസ്വതന്ത്ര അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല ദുർവാസാവെ അസ്വതന്ത്ര വിഭജിച്ച സാധുഭൃഗ്രസ്തഹൃദയവും സാധുക്കളായ ഈ ഭക്തന്മാർ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വച്ചിരിക്കുകയാണ് ഗ്രസ്തഹദയ ഇപ്പം പലരെയും ഹൗസ് അറസ്റ്റും ഒക്കെ വയ്ക്കാറില്ലേ അനങ്ങാൻ സമ്മതിക്കില്ല അവിടെ ഇരുന്നോളം എന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധുഭൃഗ്രസവോ ഭക്തകൾ ഭക്തജനപ്രിയ എനിക്കും ഒരു ചെറിയ വീക്ക്നസ് ഉണ്ടെന്ന് ഭക്തന്മാർക്ക് ഞാനൊരുപാട് ദാസനെ പോലെ പ്രിയ അങ്ങനെയൊക്കെ ആകാമോ ഭഗവാനെ എന്ത് ചെയ്യാൻ കൊണ്ടോ യേശുമാണോ അത് ആഹാ പിന്നെ അങ്ങനെ ഒരു ദോഷം അങ്ങേക്ക് വരാൻ എന്താ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ദുർവാസാവേ ാകാരപുത്രാത്ത ബന്ധുവൻ വിത്തമിമംബരം ഹിസ്വാ മാം ശരണം കഥം താം തക്ഹസേ സകല ദ സകല കുടുംബവും പണവും തന്നെ തന്നെ എനിക്കർപ്പിച്ചിട്ട് എന്നെ ശരണം പ്രാപിച്ച ഭക്തന്മാരെ ഞാനല്ലാതെ പിന്നെ ആരെ രക്ഷിക്കുകയാണ് ഇയാളെ രക്ഷിക്കുമോ ദുർവാസാവേ താൻ കണ്ണിലേ ഇങ്ങനെ അല്ലേ നിങ്ങൾ രക്ഷിക്കുന്നത് ഞാൻ അവർക്ക് അടിമ പോലാണ് സാധുപ്രഗ്രസ്തഹദയവും ഭക്തയിൽ ഭക്തജനപ്രിയ അതുകൊണ്ട് എവിടെ ഭക്തന്മാരുണ്ടോ അവിടെ ഞാനുണ്ട് എവിടെ ഞാനുണ്ടോ അവിടെ ഭക്തന്മാരുണ്ട് അവർക്ക് ദാസനെ പോലാണ് ഒരു നിവർത്തിയുമില്ല അതുകൊണ്ട് അയാളൊരു കാര്യം ചെയ്യൂ ഞാനാ ഒരു മാർഗം പറഞ്ഞു തരാം അത് വേഗം അമ്പരീഷണതാ ആഹാരം കഴിക്കാതെ അവിടെ നിൽക്കുകയാണ് ഇയാൾ ചെന്ന് ആഹാരം കഴിക്കൂ ആഹാരത്തിന് ക്ഷണിച്ചിരിക്കുകയല്ലേ വേഗം അവിടെ ചെന്ന് അയാളോട് ക്ഷമയോഗിക്കൂ ഒരു വസം ഓടി പ്രാണരക്ഷയല്ലേ പ്രാണനെ രക്ഷിക്കാൻ ഓടി ചെന്നപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് അമ്പരീക്ഷൻ അവിടെ ചെന്ന് കാൽക്കൽ വീണു അംബരീഷൻ പെട്ടെന്ന് ദേഹത്തെ പിടിച്ചെണീറ്റു പയ്യോ അവിടുന്ന് എൻ്റെ കാൽക്കൽ വീഴുകയോ സന്തോഷം രണ്ടുപേരും കൂടെ സദ്യ കഴിഞ്ഞു ഗംഭീരമായ ഓണമൊക്കെ കഴിഞ്ഞു ഒടുവിൽ ദുർവാസാവ് പറഞ്ഞു എടോ ഞാനും ഒരു ഭക്തനാണ് അനന്തമായ സത്യത്തെ ആരുപാസിക്കുന്നുവോ അവരുടെ മഹം എത്ര വലുതാണെന്ന് ഞാനിന്ന് കണ്ടു ദാസാനാം മഹത്വം ഇന്നെനിക്ക് പിടികിട്ടി അഹോ അനന്തദാസാനാം മഹത്വം ലബ്ധമദ്യമേ യത്കൃതാകസോരാജൻ മംഗളാനി സമീഹസേ അനന്തമായ സത്യത്തെ ആരാധിക്കുന്ന ഭക്തന്മാർ അവർക്ക് ദ്രോഹം ചെയ്യുന്നവർക്ക് പോലും നന്മ ആഗ്രഹിക്കുന്നു അതാണ് അവരുടെ വ്യത്യാസം അവർക്ക് എത്ര വലിയ ദ്രോഹം ചെയ്യാൻ കൊതിക്കുന്നവർ പോലും നന്മ ആഗ്രഹിക്കുന്നു അതിന്നെനിക്ക് മനസ്സിലായി അംബരീഷ സന്തോഷം ദക്ഷിണയൊക്കെ കൊടുത്തു അംബരീഷൻ്റെ ദക്ഷിണയും വാങ്ങി സന്തോഷപൂർവ്വം ദുർവാസാവ് മടങ്ങി ഭാഗവതത്തിൽ ഈ കഥ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ് ആധ്യാത്മിക തലത്തിലെ ഒട്ടേറെ സംശയങ്ങൾക്ക് വിശേഷിച്ച് ഇന്നത്തെ കാലത്ത് ആധ്യാത്മികതയുടെ പേരിലൊക്കെ പലതരം കൊള്ളകളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയൊക്കെ നമ്മെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥയാണ് അംബരീഷൻ്റെ കഥ എത്ര ആവർത്തിച്ച് വായിച്ചാലും മതിയാവില്ല എത്ര ആവർത്തിച്ച് കേട്ടാലും മതിയാവില്ല അങ്ങനെ ഇതാണ് കർമ്മയോഗം അംബരീഷൻ കർമ്മയോഗി ഒരു കർമ്മവും മാറ്റിവെച്ചില്ല ഒന്നാന്തരം നാടകം ആ സത്യം ഉറപ്പിച്ച കർമ്മം ഒന്നാന്തരം നാടകം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ഈ ചിന്ത ആവർത്തിച്ചോർമ്മിച്ചുറപ്പിക്കുക സർവം ബ്രഹ്മമായ രേ സർവം ബ്രഹ്മമായ ഈ അടുത്ത കാലത്ത് ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാ സ്ഥിതപ്രജ്ഞനായിരുന്നു ഈ ഇതെഴുതിയ സ്വാമിജി സർവം ബ്രഹ്മമായ ഇത് മാത്രമേ ഉള്ളൂ സർവം ഓർമ്മിക്കാൻ ഗംഭീരമായിട്ട് വാസ്തവ ചെയ്ത് മനസ്സിന് ഉറപ്പ് വരുന്നതോറും മറ്റൊക്കെ ഒന്നും വേണ്ടെന്ന് വെക്കണ്ട യുദ്ധമാണെങ്കിലോ സാർ യുദ്ധം ഒട്ടും വേണ്ടെന്നൊക്കണ്ട എന്താ അർജുനനോട് എന്താ കൃഷ്ണൻ പറയുന്നത് യുദ്ധസ്വ പക്ഷേ വിഗതജ്വര ജ്വരം വേണ്ട ടെൻഷനും ഒന്നും വേണ്ട ശത്രുവാണ് മിത്രമാണ് ആ വേണ്ട സർവം ബ്രഹ്മയോഗം ഉറപ്പിച്ചുകൊണ്ട് അല്ലേ അർജുന ധൈര്യമായി യുദ്ധം ചെയ്യും ധൈര്യമായി വാസ്തവത്തി ഗീതയൊക്കെ വേണ്ടതുപോലെ നാം പഠിച്ചാൽ അതിൽപ്പറവി ഈ ജീവിതത്തിൽ പിന്നെ ഒന്നും കിട്ടാനില്ല ഒന്നും പക്ഷെ അത് വേണ്ട പോലെ ആവണം വേണ്ട പോലെ ആവുകയെന്ന് വെച്ചാൽ സത്യമുറപ്പിക്കാനാകണം അല്ലാതെ പണത്തിനോ പേരിനോ പെരുമയ്ക്കോ അതൊക്കെ വരുന്നത് വന്നോട്ടെ ഒന്നും വേണ്ട എന്ന് പറയണ്ട പണമൊന്നും വേണ്ട എന്ന് പറയണ്ട പെരുണ വേണ്ട പറയണ്ട പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സത്യം ഉറച്ചില്ലെങ്കിലോ എല്ലാം വ്യർത്ഥം എല്ലാം വ്യർത്ഥം ആ സത്യം ഉറച്ചു കിട്ടാൻ ജഗതീശ്വരൻ തമ്മിലൊക്കെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം ഇനി ഈ മാസം അവസാനത്ത്